ധ്യായം നാല് അതിന് തെമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ നിന്നോട് സംസാരിപ്പാൻ തുണഞ്ഞാൽ നീ മുഷിയുമോ എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി പുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ ഓർത്തുനോക്കുക നിർദ്ദോഷിയായി നശിച്ചവനാർ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ ഞാൻ കണ്ടിടത്തോളം അന്യായമൊഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നു ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി സിംഹം ഇരയില്ലായികയാൽ നശിക്കുന്നു സിംഹയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു എന്റെ അടുക്കൽ ഒരു ഗൂഢവചനം എത്തി അതിന്റെ മന്ന സ്വരം എന്റെ ചെവിയിൽ കടന്നു മനുഷ്യർക്ക് ഗാഠനിതിര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു എന്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്ന് എന്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല മന്നമായൊരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ ഇതാ സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല തന്റെ ദൂതന്മാരിലും അവൻ കുറ്റമാരോപിക്കുന്നു പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രധികം ഉഷസിനും സന്ധിക്കും മത്തിയേ അവർ തകർന്നു പോകുന്നു ആരും ഗണ്യമാക്കാതെ അവർ എന്നിവയ്ക്കും നശിക്കുന്നു അവരുടെ കൂടാരക്കയറ് അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ